ൂരൂം അളവറ്റ അരുളാളനും നിക അൻപടയുമാകിയ അല്ലാഹുവരാണ് തോൽവി അടുന്നൂമിയ ആനാൽ അവർ രോമർ തങ്ങൾ തോൽവിക്ക് പൈവിൽ വെച്ചടവ് ചില വരുടങ്ങൾക്ക് പിന്നും വെച്ചി തോൽവി കുറിത്താരം അല്ലാഹുക്ക് രോമെങ്കിൽ വെച്ചി വരും അന് നാളിൽ മോമീൻ മഹിൾവടെവർ അല്ലാഹുവൻ ഉദവിയാൽ വെച്ചി കിടക്കും അവൻ താൻ നാടിയവർക്ക് ഉദവി പുരുകാൻ മേലും യാവരെയും മികത്തവൻ മിക്ക കരുവയുടയവൻ ഇത് അല്ലാഹുവൻ വാക്കുറിയാകും അല്ലാഹ് തൻ വാക്ക് തവറമാട്ടാൽ മനുതരൽ പെരുമ്പാലോ ഇതെ അറിയമാട്ടു അവർ ഇന്ന ഉലകോറ്റെയേ അറേകിട്ടു ആണാൽ മറമയെ പറ്റി അലക്ഷ്യമാക്കി അവർ തങ്ങൾക്കുള്ളേ ഇതുപറ്റി സിന്ധിച്ച് പാർക്ക വേണ്ടാ അല്ലാ മാനങ്ങളെയും ഭൂമിയെയും ഇവ ഇരണ്ടു ഇടയിൽ ഉള്ളവറ്റെയും ഉണ്മയെയും കുറിപ്പിട്ട ഒരു തവണയെയും കൊണ്ടല്ലാമ അവൻ പഠിക്കില്ലേ എനും നിശ്ചയമായ മനുതരീൽ പെരുമ്പാലോർ തങ്ങൾ ഇറവൻ സന്ദിപ്പ നിരാകരിക്ക അവർ ഭൂമിയെത്തിയം ചെയ്തു അവനാൻ മുടി എന്നു എന്ന പാർക്കില്ല അവർ ഇവ വലിമ മിക്കവുകളും ഭൂമിയും വിവസായം ചെയ്ത ഇന്നും ഇവർ അതെ ഉഴുത് പണിയതെവിടെ അവർ അതെ അധികമാൻപിരുന്ന അവതാന അത്താക്ഷികളെ കൊണ്ടുവന്ന അല്ലാ അവ അനുയായം ചെയ്യില്ല അവർ തങ്ങളുക്ക് താങ്കളേ അനുയായം ചെയ്തു കൊണ്ടാൽ പ്പിൾ അല്ലാഹു വസനങ്ങളെ പൊയ്പ്പിക്കപ്പെട്ട് അവഹസിത്തക്കൊണ്ടും ഇരുന്ന തീയതി മുടിവും തീമയ അല്ലാഹുതാൻ പടൈപ്പേ തന്നർ അവനേ അതെ മീട്ടുക അവനടമേ തൊണ്ടുവരപ്പെടുവീ മേലും ഇറതി നേരം നിലവെറും നാളിൽ കുറ്റവളികൾ നമ്പിക്കഴിഞ്ഞുവാണിൽ എം അവരാം താങ്കൾ ഇണൈവറ്റ നിരാകരിപ്പോലായി വിടുവീമി തീർപ്പുക്കൂരി നാൾ നിലവിടും പോലും അന് നാളിൽ അവർ നല്ലോർ തീയോർ പ്രിന് വിടുവേണ്ട സാലിക അമലുകളെ ചെയ്താ അവൾക്കൂങ്കിൽ മഹിഴിക്കപ്പെടുവീന്നും നിരാകരിപ്പവരായി നമ്മുടെ വസനങ്ങളെയും മറമയ സന്ദിപ്പയും പൊയ്പ്പിട്ടോ അത്തവേക്കാ കൊണ്ടുവരപ്പെടുവീ മോമിംഗളെ മാലയിലും കാളയിലും അല്ലാഹ് തുതിക്കൊണ്ടിരുമ്പും വാനങ്ങളിലും ഭൂമിയും അവനുക്കേ പുഴത്തും ുംുരുടെകുംപൊതും അല്ലാഹു പുതിയുണ്ടോ അവനേ ഉയരറ്റിലിരുന്ന് ഉയർന്നുള്ളതെ വെളിപ്പെടുത്തുക ഉയരറ്റൈ വെളിപ്പെടുത്തുക ഭൂമിയെ അത് ഇറന്നവൻ ഉയർപ്പിക്കാൻ ഇവറേ മറിത്തവൻ മറമയിൽ വെളിപ്പെടുത്തപ്പെടുവീ മേലും അവൻ ഉണ്ടെ മണ്ണിലിരുന്ന് പഠിത്തും പിൻപ് മനുതിയും പല ഭാഗങ്ങളിൽ പരവിയതും അവനുടേ അത്താക്ഷികളിൽ ഉള്ളതാകും ഇന്നും അവർ ആറൽ പെരു മനവിയ പഠിത്ത ഇടയേപ്പും കൃുകയെയും ഉണ്ടാക്കിയിരുപ്പതും അവനുടേ അത്താക്ഷികളിൽ ഉള്ളതാകും ചിന്തിച്ച് ഉണരക്കൂടി സമൂഹത്തിന് നിശ്ചയമാലും വാനങ്ങളെയും ഭൂമിയെയും പഠിത്തം ഉള്ള മൊഴികളും ഉള്ളും വേറും അവനുടേ അത്താക്ഷികൾ നിശ്ചയമാറ്ററി അത്താക്ഷികൾ ഇന്നും ഇരവിലും പകലിലും ഉള്ള ഓയവും ഉറക്കമും അവൻ അരുളിൽ ഇരുന്ന് ഉള്ള തേട്ടമും അവനുടേ അത്താക്ഷികൾ ഇന്നും ഉള്ള സവിയുറും സമൂഹത്തിൽ നിശ്ചയമാത്താക്ഷികൾക്ക അച്ചമും ആശയും ഏർപ്പെടുംപടി അവൻ ഉണ്ടാക്കി മിന്നലൈ കാട്ടും പാനത്തിലിരുന്ന് മഴ കൊളിയൊണ്ട് ഭൂമിയെ അത് വരണ്ട് ഇറങ്ങി ഉയർപ്പിപ്പതും അവൻ അത്താക്ഷികളിൽ നിശ്ചയമാണറും സമൂഹത്തിൽ അത്താക്ഷികൾക്കാനും ഭൂമിയും അവനുടേ കട്ടളയ നിലപെട്ട് നമ്മൾ അവൻ അത്താക്ഷികളിൽ നമ്മൾ ഓർ അഴപ്പൊണ്ട് അഴത്തവൻ ഭൂമിയ വെളിപ്പെട്ട് വരുവീൾ വാനങ്ങളിലും ഭൂമിയും ഇരുപ്പവയെല്ലാം അവനുക്കേ ഉള്ളേ കീഴ്പടി നടക്കുന്ന അവനേ പഠിപ്പാൻ പിന്നർ അവനേ അതെ മീട്ടുകാൻ മേലും ഇത് അവനുക്ക് മികവും എളിതേയും വാനങ്ങളിലും ഭൂമിയും മിക്ക ഉയർന്ന ഉദാരണം അവനുക്ക് ഉറിയതേ മേലും അവൻ മികത്ത വല്ലമായി ഉടയവൻ ഞാനം േ അവൻ ഉദാരണത്തെ എടുത്ത് കൂടുതലാണ് ഉൾപ്പെടം ഉത്തവുകളിൽ അടിമകളിൽ എവരെയും നാം ഉളിത്തി സമ്പത്തിൽ ഉള്ള പങ്കാളികളാ ആക്കിക്കൊണ്ട് അതിൽ അവൻ സമമാീകളാം ഉണ്ടോക്ക് ഭയപ്പെടുവൈപ്പോൽ അവൾ ഭയപ്പെടുക അവാറായി നാം നം അത്താക്ഷികളെ ചിന്തിച്ച് ഉണരും സമൂഹത്തിൽ വിവരിക്കോ എനും അനിയായക്കാരൻ കൽവി ഞാനമില്ല മനോ ഇച്ഛകളെയേ പിൻപറ്റവർ അല്ലാഹ് വഴികട അവർവഴിയോ കൊണ്ട് വരുമ്പോൾ യർ മേലും അവർക്ക് ഉദവി ചെയ്ത് നോക്കും എവരും ഇലർ ആകെ ഉം മുഖത്തെ തൂയ ഇസ്ലാമിയ മാര്ക്കത്തിൽ പക്കമേ മുറ്റിലും തൃപ്പി നില നിറത്തുവീര എന്താ അല്ലാഹ് മനുതരമായി പഠത്താനോ അതുവേ അവനുടേ നിലയാണ് ഇയക്കി മാര്ക്കമാകും അല്ലാഹുവ അത്യാണ് മാര്ക്കമാകും ആനാ മനുൽപാർ അറിയമാവുകള ഭയ ഭക്തി ഉടൻ നടന്നുകൊള്ളുകൊഴുകയെയും നിലനിർത്തുക ഇന്നും ഇണ വൈപ്പോരുടെ ആകിവിടാ ഇവർ തങ്ങൾ മാര്ക്കത്തിൽ പ്രിവിനകളെ ഉണ്ടാക്കി പല പ്രി പ്രിന് വിട്ടനോ അവം കൊണ്ടേ മഹിൾവടെ മനുഷ്യ പശി നോയ് വരുമ പോതേനും സങ്കടം ഏർപ്പെട്ട അവപ്പിടം മുഖം തരും അതെ നീക്കി അരുള അവം പ്രാർത്ഥന അവൻ തന്നിടം ഇരുന്ന് റഹ്നത്തെ സുവക്ക അവ പ്രിവിനുക്ക് ഇണൈവിക്കുന്ന നന്ദി സെലി അവർ നിരാകരി അറിഞ്ഞകൊള്ളവീ അല്ലെങ്കിൽ അവർ ഇണയുത്ത് വഴങ്ങുവരക്കൂടി ഏതാത് ഓരോ അത്താക്ഷിയെ നാം അവ നാം മനമത്തെ രുസിക്ക അനുഭവിക്കാൽ അവർ അതെ കൊണ്ട് മഹിള ആണോ അവർ കൈകൾ മുൻ ചെയ്തു കൊണ്ട് ഒരു തീങ്കു അവട്ടാൽ അവർ നിരാശപ്പെട്ടു വിടുക നിശ്ചയമാകാര വസടികളെ വിശാലമാക്കുകോർക്ക് ചുരുക്കിയും വിടുക അവർ പാർക്കില്ല നിശ്ചയമാക്കും അവരവർ കൊടുത്ത അല്ലാഹുവരുത്തുക അവർക്ക് ഇത് മിക്ക നന്മയുടയു അവറ്റിയാളാവ എത മനുഷ്യ മുതലുകൾ സേർന്ന് ഉൾവം പെരുകുംപൊരു വട്ടിക്ക് വിടീകളിൽ അത് അല്ലാഹുവിടം ആണോ അല്ലാഹുവൊരു നാടി കക്കാത്ത എതോ അത് അല്ലാഹുവിടത്തിൽ പെരുകും അവൂലിയെ ഇരട്ടിപ്പാട്ടി കൊണ്ടവർ ആവാര അല്ലാറാൻ ഉണ്ടെ പഠിപ്പിക്കണ വസതകളെ അ അവനേ പിന്നെ മറിക്ക് ചെയ്യാൻ പറ്റു അവനെ ഉണ്ടെ ഉയർപ്പിപ്പാൾ ഇവറ്റിൽ ഏതേനും ഒന്നെ ചെയ്യക്കൂടിയതാ ഉൾപ്പെടെ ഇണൈതൈവങ്ങൾക്കല്ലാ മികവും തൂയവൻ അവർ ഇണയെ വിട്ടും മികവും ഉയർന്നവൻ മനുഷ്യൊണ്ട തീച്ചെലുകളിലും തരയിലും നാശമും കുഴപ്പമും തോന്നി തീമുകളിൽ തീവിനെ ഉലും അവർ സുവക്കുംബി അവർ ഇണ വെപ്പവളാർ കൂറും ആകെ അല്ലാഹുവിടമ എവരും തടുത്ത് നൃത്ത മുടിയ അന്ത തീർപ്പ് നാൾ വരുമ്പോൾ ഉം മുഖത്തെ നിലയത്തിൽ നിലനിർത്തവീരാണ് അനാളിൽ അവർ നല്ലോർ തീയോർന്ന് വിടുവീകരിപ്പവൻ തൻ നിരാകരിപ്പി വിളവെ അനുഭവിപ്പാല നല്ല അമലുകളോ അവർ തങ്ങളുക്കേ നന്മയെ ചിത്തപ്പെടുത്തി കൊള്ളു ഈ മാന കൊണ്ട് സാലികാല നല്ല അമലുകൾ ചെയ്തവർക്കേ അവൻ തൻ അരു നക്കൂലി കൊടുക്കുന്ന അല്ലാ നിരാകരി പോരെ നേശിക്കട്ട അവൻ റഹ്മിലിരുന്ന് സുവൽ തൻ ഉത്തരവിനാൽ കടലിൽ തൻ അരുളികൊക്കാൻ നിങ്ങൾ നന്തി ഇവറ്റെല്ലാമു നൻനാരായകൊണ്ട് വരുമ്പള അപ്പേ അത് അവൻ അത്താക്ഷികളിൽ ഉള്ളതാകും അവർ സമൂഹത്തിനും അനുഭവ അവളി അത്താക്ഷികളുടൻ അവർ പത്തൂതെ പൊയ്പ്പിക്കപ്പെട്ട കുറ്റവാളികളും പഴിവാങ്ങിനോം എങ്കിലും ഉടനെ പുരിതൽ നാം കടമയകുമ്പോൾ അല്ലാഹുതാൻ കാറ്റി അവാനി പല തുണ്ടങ്ങളും ആക്കിവിടുക മഴിയാവേ പാർക്കി പൈ തൻ അടിയാറിൽ താൻ നാടിയവർ മീൻ വന്നടയ്യും പോകാൻ മഹിഴ്ചിയാണ് നച്ചെയ്തു പെർകാരും അവർ മീത് അം മഴയാണ് ഇറങ്ങുവ ും മഴയൽ അവർ മുറ്റിലും നിലാസപ്പെട്ട ഇത്താക്ഷികളെ പാർപ്പീരുകയും അവൻ നിശ്ചയമാവനാ അവൻ എല്ലാ പൊരുക്കൾ മീതും പേരാക്കൽ ഉടയവൻ വരണ്ട ഒരു കാറ്റ നാം അനുപി അവർ അതാ പയറുകൾ ഉളർന്ന് മഞ്ചു നിറമാവായി പാർട്ടി മഴ അനുപിയതോ ആകെ നബിയേ മരിത്തവുകളെയും നിശ്ചയമായി ഉമ്മ അഴപ്പറക്കണിച്ച് തുമ്പിവിടും ഉമ്മ അഴെപ്പിച്ച മുടിയും കുരുടുകളെയും അവരുടെ വഴികൾ തീരുമാവും വഴിപെട്ടവുകള നമ്മുടെ വസനങ്ങളിൽ മീഡിയ ഈമാൻ കൊള്ളെയും അഴപ്പ അല്ലാതാ ഉണ്ടെ ആരംഭത്തിൽ ബലഹീനമായ നിലയിൽ പടക്കീനത്തു പിന്ന അവ ഉണ്ടാക്കുക അലത്തുപിൻ ബലഹീനത്തെയും നരെയും അവനെ ഉണ്ടാക്കുക കുറ്റവാളികൾ താങ്കൾ ഉലിൽ ഒരു നാഴികയെ അധികനേരം തങ്ങിരുക്കില്ല പ്രമാണിയിലും ഉമ്മയിലിരുന്ന് അവർ തൃപ്പ ഇവർക്ക് കൽവിയും നമ്പിക്കയും കൊടുക്കപ്പെട്ടതോ അവർ കൂടുവിളി എഴുതി ഇവരും ഭൂമിയേ മരിത്തോർ ഉയർവ് എഴും നിശ്ചയമാറിന് കൊള്ളവുകളേ ആകെ അന് നാളിൽ അനുയായം ചെയ്ത അവർ കൂറും പുൽ ഒരു പയനും തരാ അന് അവാഹൈ ി മുഴി മനുഷ്യങ്ങളെയും നാം കൂടി ആയിനും അത്താക്ഷിയെ അവർ എല്ലോ വീൺ പൊയ്യള അന്തി വേറില്ല നിരാകരിപ്പോർ നിശ്ചയമാറിവില്ലാത്തവരും ഹൃദയങ്ങളിൽ മീഡിയ അല്ലാഹ് മുത്തിരയിടും നബിയേ കൊറമയുടൻ ഇരുപ്പിയതാ നിശ്ചയമാ അല്ലാഹിൻ വാക്ക് ഉണ്മയാനും ആകെ ഉറിയാൻ നമ്പിക്കില്ലാതെ ഇവർ ഉമ്മ കലക്കമടയ ചെയ്യണ്ടാം